ബഹുമാനനായ എസ് വി മുഹമ്മദ് അലി മാസാ ഇസ്ലാമിക് എന്ന വിഷയം അവതരിപ്പിച്ച് സദസ്സിനെ അഭിമുഖരിക്കുന്നു സ്ലാടിക്കുന്നതിന് മുൻപ് ക്ലാസ് നിർത്തി അടിക്കുന്നുണ്ടോ എന്ന് നോക്കി പരിചയമുള്ള അധ്യാപകനായതുകൊണ്ട് പിന്നെ എന്തായാലും വെല്ലടിക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കണം എന്ന വാശി എനിക്കുണ്ട് അല്ലാതെ ചെറിയ സമയം മതി നമുക്ക് കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ചും ഐ ടിയുടെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ വേഗത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ ആശയത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നൊരു ദൗത്യമാണ് ഇതിനുള്ളത് അതുകൊണ്ടുതന്നെ സമയം കുറഞ്ഞതിൽ നമുക്കാർക്കും പരിതേവനം വേണ്ട ഡബ്ല്യു എച്ച് ഒയുടെ മീറ്റിങ്ങിൽ ഒരു സെമിനാറിൽ ഒരു പെണ്ണ് എണീറ്റെന്ന് പറഞ്ഞ ഒരു വാക്ക് മുല കൊടുക്കാൻ മാത്രം നമുക്കാവില്ല എന്ന് ചഠിച്ചു പറഞ്ഞതിനെതിരായിട്ട് ഓൺലൈനിൽ പ്രചരിച്ച ഒരൊന്നാം തരം ചിത്രം ഒരു പശുവിനെ വാങ്ങി വീട്ടിൻ്റെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്നു പ്രസവിച്ച സ്ത്രീ പശുവിൻ്റെ അകിടിൽ നിന്ന് ഒരു നിപ്പിൾ വഴി പ്രസവിച്ച കുഞ്ഞിൻ്റെ തൊട്ടിലുള്ള വായയിലേക്ക് പാല് വന്നുകൊണ്ടിരിക്കുന്നു പെണ്ണ് റിമോട്ട് എടുത്ത് സീരിയലിൻ്റെ മുന്നിലിരിക്കുന്ന ചിത്രമാണ് ഈ പെണ്ണിന് മറുപടി പറയാൻ വേണ്ടി ലോകം കണ്ടെത്തിയ വഴി അത് ഐ ടിയിലൂടെ പ്രചരിച്ചു അനിതസാധാരണമായ വേഗതയിൽ പ്രചരിച്ചു അത് മറുപടിയായി അതിന് പണി കുറഞ്ഞും അത് ഫലമുണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഐ ടിയുടെ സാധ്യത വളരെ വലുതാണ് അതിനെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല എൻ ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉള്ളത് കലാരോഗത്ത് അത് വൃത്തികെട്ട ഒരു പാട്ട് ഒരു ഫിലിം റിലീസ് ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലേക്ക് വരികയും ലക്ഷക്കണക്കിന് ആരാധകർ അതിനുണ്ടാകുകയും കൊലവെറി എന്ന പേരിലുള്ളൊരു പാട്ട് അത് സംഗീതമറിയുന്ന ആളുകളൊക്കെ അതിൽ അതിനെ നിഷേധിക്കുകയും ചെയ്യുമ്പോഴും വലിയൊരു സമൂഹം അതിനെ ഏറ്റെടുക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ തൊട്ട് ഈ ഒരാഴ്ച രണ്ടാഴ്ചക്കിടയിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമാണ് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ വായകൊണ്ട് പറയാൻ നിൽക്കുന്നതിന് മുമ്പ് ശരീരം കൊണ്ട് കണ്ട് കൈപിടിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് കണ്ണുകൊണ്ട് നോക്കി വിളിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് എത്രയോ വേഗത്തിൽ ഐ ടി ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിലേറെ ആളുകൾ ഇന്ന് ഐ മേഖലയെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ഇൻഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൽ നാൽപ്പത്തി ശതമാനവും ഏഷ്യയിലാണ് മൂന്ന് ശതമാനം മിഡിലിസ്റ്റിലാണ് യൂറോപ്പിൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏഷ്യ എന്ന് പറയുന്ന നമ്മുടെ ഭൂമികയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മടിയന്മാരുടെ അലസന്മാരുടെ ഒരു ഒരു സാ ഒരു ലോകത്ത് കൂടുതൽ ആളുകളും ഇന്ന് ഐ ടിയുടെ ലോകത്തേക്ക് പോകുന്നത് വിവരങ്ങൾ കിട്ടാനല്ല വിനോദത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് പ്രതിസന്ധി പഴയ കാലഘട്ടത്തിൽ ചായക്കടയിലെ കാരംസിൻ്റെ മുതൽ എങ്ങനെയാണോ ചെറുപ്പക്കാർ കൂടിയിരിക്കുകയും ആളുകൾ അതിൽ നിന്ന് നിരോത്സാഹപ്പെടുത്താൻ വേണ്ടി നോക്കുകയും രക്ഷിതാക്കൾ കുട്ടികളതിൽ പെടരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ളൊരു നെറ്റ്വർക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ട് അതധികവും തിന്മയുടെ ഭാഗത്തേക്കുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം ഈ അടുത്ത കാലത്ത് സോഷ്യൽ നെറ്റ്വർക്കിൽ ഒരു കുട്ടി പോസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടി പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റർ എങ്ങനെയായിരുന്നു രണ്ട് ദിവസമെങ്ങാനും നിങ്ങൾ എന്നെ ഫേസ്ബുക്കിൻ്റെ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം ഞാൻ ചിലപ്പോൾ മരിച്ചുപോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൻ്റെ മുന്നിൽ വരാതിരിക്കണത് എന്ന് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭീകരമായ നിരക്ക് ഐ ടി മേഖല ഒരു ഭ്രാന്തമായി കൊണ്ടു നടക്കുന്ന ഒരു യുവ സമൂഹം നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ടുതന്നെ ദാവ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് ഐ ടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്തൊക്കെയാണ് ഐ മേഖലയിൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊന്നും നോക്കിയാൽ ഒന്നാമത് ഐഡിയോളജി ഇല്ലാത്തൊരു സംഘടനയായി മാറുന്നു ഓൺലൈൻ മേഖല എന്നുള്ളതാണ് ഒരു ഐഡിയോളജി ഇല്ലാത്ത ഒരാകർഷമില്ലാത്ത ഒരു സംഘടന ഉണ്ടായി വരികയാണ് ലോകത്ത് ഐ ടി ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും തമ്മിൽ രണ്ട് മാലിന്യങ്ങൾ എളുപ്പം നിക്ഷേപിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തരം ഡംഡ് മേഖലയായി ഐ ടി മേഖല മാറുന്നു കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു പത്രം ഇറങ്ങുമ്പം ഒരു മാഗസിൻ ഇറങ്ങുമ്പം അതിന് എഡിറ്റർ വേണം ഭാഷയെ എഡിറ്റ് ചെയ്യണം ആശയത്തെയും എഡിറ്റ് ചെയ്യണം എന്നാൽ ഓൺലൈനിലേക്ക് വരുന്ന ഫേസ്ബുക്കിലേക്ക് വരുന്ന അതുപോലുള്ള തത്യുല്യമായ മേഖലകളിലേക്ക് വരുന്ന മാറ്ററിനെ ആരാണ് എഡിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളൊരു സാധനം എനിക്ക് പോസ്റ്റ് ചെയ്യാം അത് ലോകത്തുള്ള നാനാഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അൺഫിൽറ്റേഡ് ആൻഡ് ഡയറക്റ്റ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് അൺഇൻഫിൽറ്റേഡ് ആൻഡ് ഡയറക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അരിക്കപ്പെടാതെ നേരിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് വന്നിരിക്കുന്ന ആശയങ്ങളാണ് അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമാണ് ഭാഷയുടെ എഡിറ്റിങ് മാത്രല്ല ആശയങ്ങൾ എഡിറ്റ് ചെയ്യപ്പെടാതെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമായി ഐ ടി മേഖല മാറുന്നു മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കുട്ടികൾ പുതിയ തലമുറ ഇതിന് അഡിക്റ്റായി മാറുകയും ദാഴ്വത്തിൻ്റെ നേരിട്ടുള്ള സന്ദേശങ്ങളെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന മറ്റൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു നാലാമത്തത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഇപ്പോഴും പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ വൈറൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പെർട്ട് ആയ മാർക്കം ഗ്ലേസറെ പോലുള്ള ആളുകൾ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് ഈ വൈറസ് ബാധിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ സാധാരണ പറയും മെഷീനുകളെ ബാധിക്കും സോഫ്റ്റ്വെയറുകളെ ബാധിക്കും എന്നാൽ ആശയങ്ങളെപ്പോലും വൈറസ് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആശയങ്ങളെപ്പോലും വൈറസ് ബാധിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമായി നമ്മൾ പുറത്തു വരുന്ന ഏതൊരു സന്ദേശത്തെയും പല ഭാഗത്തു നിന്നും പല ആശയങ്ങളും പൊളുത്തി വലിച്ച് അവസാനം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആശയമല്ലാതെ മറ്റൊരു ആശയമായി രൂപാന്തരപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ നോക്കണം ഡവ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് ഈ ഐ ടി മേഖലയെ കൈയൊഴിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല അചുരേണ പ്രായണ നിരന്തരമായി നമ്മൾ ഈ മേഖലയിലേക്ക് കയറി നിന്നുകൊണ്ട് ഒരു ദാർശനികമായ ഒരു എംപവർമെൻറ്റ് ധാർമ്മികമായ ഒരു അതിജീവനം ഈ മേഖലയിൽ നമുക്ക് സാധിച്ചു എടുക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഒന്നാമത് ഞാൻ പറഞ്ഞത് വേഗതയാണ് വേഗതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത രണ്ട് ഇത് ആർക്കും ഏത് സമയത്തും ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ മേഖലയിലേക്ക് ആശയം കൊളുത്തിവിടാം എന്നുള്ളതാണ് അതിന് സ്റ്റേജും വേണ്ട പേജും വേണ്ട ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പ്രസംഗത്തിലും എഴുത്തിലുമൊക്കെ പറയാറുണ്ട് സ്റ്റേജിലൂടെയും പേജിലൂടെയും സ്റ്റേജും പേജും എവിടെയും നിന്ന് ഏത് ബസ് യാത്രക്കിടയിലും ഏതിൻ്റെ തലയിൽ ഉദിക്കുന്ന ഒരാശയത്തെ അപ്പം ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന അത്രയും വിശാലമായൊരു സ്രോതസ് മതിലുകളില്ലാത്തൊരു സ്രോതസ്സ് ഐ ടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞത് ആരെയാണോ നമുക്ക് നന്നാക്കാനുള്ളത് സാലിംബേസിയെ പോലുള്ള ആളുകൾ നിബാധുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവിലേക്ക് പോകും റോട്ടിൻ്റെ മേലേക്ക് പോകും അവരെയാണ് നമുക്ക് കാണേണ്ടത് കോളേജിലേക്ക് പോകും എന്നാൽ ഈ ആളുകളെയൊന്നും നമുക്ക് തേടി നടക്കേണ്ട ആവശ്യമില്ല ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് ഐ ടിയുടെ മുന്നിലുണ്ടാവും ആരെ ആണോ പ്രബോധിതർ അവർ നമ്മുടെ മുമ്പിൽ റെഡിയായി നിൽക്കുകയാണ് നമ്മൾ സന്ദേശങ്ങൾ കൊടുക്കുകയേ വേണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സാധ്യത നാലാമത്തത് ഇപ്പോൾ പ്രിന്റ് മീഡിയയിൽ ഇല്ലാത്ത അത്രയും ഓപ്ഷൻസ് ഇതിൻ്റെ രൂപങ്ങൾ വേറെ വേറെ രൂപങ്ങൾ ഐ ടിയിൽ ധാരാളമായിട്ടുണ്ട് ബ്ലോഗായാലും ട്വിറ്റർ ആയാലും അതുപോലെ വ്യത്യസ്തമായ മേഖലകളായാലും നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു കാർട്ടൂൺ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പം അത് പുറത്തേക്ക് വിടാൻ ഏതെങ്കിലും ഒരു പത്രത്തിൽ മാത്രമേ സ്പേസ് ഉള്ളൂ പ്രിൻറ്റ് മീഡിയയിൽ പക്ഷേ നമുക്ക് ഒരു രാത്രി കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന മനോഹരമായൊരു കാർട്ടൂണിനെ അത് നിമിഷ കൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും തലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ഐ ടിക്ക് നിർവ്വഹിക്കാനുണ്ട് നമുക്കെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക അതുകൊണ്ടുതന്നെ കേരളീയ സാഹചര്യത്തിൽ ഐ ടി ഉപയോഗിച്ചുള്ള ദാവാമേഖലയെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും കുറെ കൂടി സജീവമായി നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട് ഞാൻ ചില ചിന്തകൾ മാത്രം വളരെ വളരെ ചെറിയ ചില ചിന്തകൾ മാത്രം ഈ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പാകെ വയ്ക്കുകയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നിലവിലുള്ള ബൈലക്സ് പോലുള്ള സോഫ്റ്റ്വെയറുകളുടെ സാധ്യതകൾ വെച്ച് ക്ലാസ് സാധ്യതകൾ വെച്ച് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രോഡക്റ്റുകൾ അത് ഏറ്റവും ഗുണനിലവാരമുള്ളത് എന്ന് ഉറപ്പുവരാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കണം നമുക്കതിനൊരാസ്ഥാനമുണ്ടാകുകയും ആ ആസ്ഥാനത്തിൻ്റെ അതിൽ പുറത്തുവിടുന്ന സാങ്കേതിക വിദ്യ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ആകുകയും അതിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ വ്യത്യസ്തങ്ങളായി എക്സ്പെർട്ടുകൾ ടൈം ടേബിൾ വെച്ച് എത്തുകയും ചെയ്യുമ്പം കേരളത്തിൽ പുതിയ ഒരുപാട് കാഴ്ചക്കാരെ നമുക്ക് ആകർഷിക്കാൻ വേണ്ടി പറ്റും ഇതിൽ തന്നെ നമുക്ക് തീർച്ചയായും വൈവിധ്യങ്ങൾ ഉണ്ടാകണം വൈവിധ്യങ്ങൾ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടത് വേറെ തന്നെ കൊടുക്കാൻ ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കാം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നൊരു വലിയ പ്രതിസന്ധി പത്താം ക്ലാസ് മദ്രസ കഴിഞ്ഞവരും കഴിയാത്തവരുമായ ഒരു പറ്റം കൗമാരക്കാർ താഴ്വാ മേഖലയിൽ ആളുകൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൗമാരക്കാരാണ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സിൻ്റെയും പത്തൊൻപത് വയസ്സിൻ്റെയും ഇടയിലുള്ള പതിനഞ്ച് വയസ്സിൻ്റെയും പത്തൊൻപത് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളോട് ധർമ്മം പഠിപ്പിക്കുകയും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയായി ഇന്ന് കേരളത്തിൽ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മദർസാ പ്രസ്ഥാനം എത്ര ശക്തിപ്പെടുത്തി എത്താലും നമ്മുടെയൊക്കെ നിന്ന് ക്യാമ്പസിലേക്ക് പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണാവോ അവരെന്തൊക്കെയാണാവോ ചെയ്തു വരുന്നത് എന്ന് ഒരു നിയന്ത്രണവുമില്ല നിസ്സംഗരായി നോക്കി നിൽക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ എണ്ണവും ആദിയും വർദ്ധിച്ചുവരുമ്പം നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് കൗമാരക്കാരോട് നമ്മൾ ഇടപെടുക കൗമാരക്കാർക്ക് വേണ്ടി എന്തുകൊണ്ട് ഞായറാഴ്ചകളിൽ കാലത്ത് കേരളത്തിലെ തെരഞ്ഞെടുത്ത ആയിര മദ്രസകളിലെങ്കിലും നമുക്ക് ഐ ടി ഉപയോഗിച്ചുകൊണ്ട് അവരവിടെ വിളിച്ചു ചേർക്കുകയും നമ്മുടെ മദ്രസ സിലബസ് എല്ലാ ദിവസവും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ വളർച്ചയുടെ പ്രശ്നങ്ങൾ അവർ ക്യാമ്പസുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്ന ചില മോഡൽ സംവിധാനങ്ങൾ നമുക്ക് ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി അതുപോലെ കുടുംബ സദസ്സുകൾ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും സംസാരിക്കുന്ന പേജുകൾ ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തെ എനിക്ക് ലോക്ക് ചെയ്തിടാം അത് കാണേണ്ട ആളുകൾക്ക് മാത്രം കാണാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലപ്പോഴും ഒരു ദായുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇതിലൂടെ കുട്ടികൾ ചോദിക്കുകയും തിരുത്തുകയും ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ടല്ലോ അതുകൊണ്ട് ആളുടെ മുന്നിൽ പോയിട്ട് ഞാൻ ഇത് എങ്ങനെ ചോദിക്കും എന്നുള്ളത് മാറിയിട്ട് ഇത് എൻ്റെ സ്വകാര്യതയിൽ നിന്നുകൊണ്ട് എനിക്ക് ചോദിക്കാൻ സൗകര്യമെന്തു ഐ ടി പുതിയ തലമുറക്ക് തഴവാ മേഖലയിൽ പ്രത്യേകിച്ച് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി ഞാനിനി എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് തകർന്നു പോയി എൻ്റെ ജീവിതം എന്ന് വിചാരിച്ചു നിൽക്കുന്ന മുപ്പത് ശതമാനം കൗമാരക്കാരെങ്കിലും കേരളത്തിലുണ്ട് അതിന് മതവും ജാതിയൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് എൻ്റെ സ്വകാര്യത എനിക്ക് പരിചയമുള്ള ഒരാളോട് പങ്കുവെക്കാൻ കുട്ടിക്ക് മേൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനമുണ്ട് അതാരും കാണാൻ പോളല്ല അവനത് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അവൻ്റെ സന്ദേശങ്ങൾ വ്യക്തി തലത്തിലൂടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ടുതന്നെ ഈ യുവതലമുറ ഇതിലേക്ക് വഴിതെറ്റിപ്പോകുന്നത് തടയാൻ നമ്മൾ ഈ മേഖലയിൽ കൂടുതൽ ഇടപെടൽ ആവശ്യമുണ്ട് പക്ഷെ പ്രശ്നമെന്താണെന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് മേഖലയിൽ നമ്മൾ ഉപയോഗിച്ച അതേ ലാംഗ്വേജ് തന്നെയാണ് ഇപ്പോഴും ഐ ടി മേഖലയിൽ നമ്മൾ കാണുന്നത് അതായത് പ്രിൻറ്റ് മേഖലയിൽ വന്നൊരു ലേഖനം അതുപോലെ ഐ ടി മേഖലയിലേക്ക് പോസ്റ്റ് ചെയ്യുക പ്രിൻറ് മേഖലയിൽ ഉപയോഗിക്കുന്ന അതേ ഭാഷ ഐ ടി നമ്മൾ ഉപയോഗിക്കാം അതേസമയം ഐ ടിയിൽ വേഗതയോടൊരു ലോകമാണ് രണ്ട് മിനിറ്റിൻ്റെ ഒരു മനോഹരമായ വിഷ്വൽ യൂട്യൂബിൽ തയ്യാറാക്കി പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് മതിയാകും ഒരു ചെറുപ്പക്കാരൻ്റെ തലച്ചോറ് തുറക്കാൻ ഒരു ഒരു കോമാനക്കാരന് മാർഗദർശനം കൊടുക്കാൻ പക്ഷെ അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര എക്സ്പെർട്ടുകൾ ധർമ്മബോധമുള്ള എത്ര എക്സ്പെർട്ടുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള റിസോർസ് ഇത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഒരു വാൾപേപ്പർ ചെയ്താൽ ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാരന്റെ കണ്ണു തുറക്കാൻ അത് മതിയാകും പക്ഷെ അത്രയും കലാപരമായ ഒരു വാൾപേർ പേപ്പർ ചെയ്യുകയും അതിൽ കുർആാനിന്റെയും ഹദീസിൻ്റെയും സന്ദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്യാൻ പറ്റുന്ന എത്ര എക്സ്പെർട്ടുകളെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായി നിൽക്കുകയാണ് ഒരു മനോഹരമായ പ്രസൻറ്റേഷൻ മതി ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് തുറക്കാൻ പക്ഷെ അത്തരത്തിലുള്ള പ്രസ്പ പ്രസൻ്റേഷൻ കലാപരതയും അതിൻ്റെ ഭാഷയും അതിൻ്റെ അടുക്കും ചിട്ടയും മനസ്സിൽ സൂക്ഷിക്കുന്ന എത്ര പേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഐ ടി മേഖലയെക്കുറിച്ച് നമ്മൾ കേവലമായ സാങ്കേതികവിദ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൂടാ വേഗതയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൂടാ മനുഷ്യ ദിഷണയെയും ക്രിയാത്മകതയേയും പൂർണ്ണമായി വളർത്തിക്കൊണ്ടുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റായി കിടക്കും ർക്കും കാണില്ല ഒന്നും കണ്ണിൽ പതിയണം രണ്ട് വായിക്കാനുള്ള റീഡബിലിറ്റി ഉണ്ടാകണം മൂന്ന് ചെറിയ സമയം കൊണ്ട് വായിച്ച ആളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം പകർന്നു കൊടുക്കണ്ടേ അതിനൊന്നും പറ്റണില്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന എല്ലാ മിഷനും എല്ലാ സങ്കേതങ്ങളും ആളുകൾ വെറുതെ തള്ളും അത് നോക്കില്ല അതിന് വായനക്കാരുണ്ടാവില്ല കാഴ്ചക്കാരുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ആശയം മുമ്പോട്ട് വെക്കുന്ന മനോഹരമായി സമർപ്പിക്കുന്ന അത്രയും ക്രിയാത്മക ശേഷിയുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ടായാൽ മാത്രമേ ഐ ടി മേഖലയിൽ നമ്മുടെ സാധ്യതകൾ ദാവാ മേഖലയിലേക്ക് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അവസാനം ഞാൻ ഈ സദസ്സിൻ്റെ മുമ്പാകെ വയ്ക്കുന്ന എൻ്റെ ഒരാശങ്ക എന്ന് പറഞ്ഞാൽ ഐ നമ്മൾ എത്ര സംസാരിച്ചാലും ഐ ടിക്ക് പരിമിതിയുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു മനുഷ്യനെ നന്നാക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സ്പർശനത്തിൻ്റെ പ്രത്യേകത ഒരു ഉസ്താദിൻ്റെ കൈപിടിച്ച് സുഹൃബത്തിലൂടെ മനുഷ്യൻ നന്നാവുന്നതിൻ്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് വർത്തമാനവും നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങളൊക്കെ സാധാരണ പറയും കാഴ്ച ഉപയോഗിച്ച് സ്പർശനം ഉപയോഗിച്ച് ഫീലിംഗ് ഉപയോഗിച്ച് കാഴ്ച ഉപയോഗിച്ച് സ്പർശനം ഉപയോഗിച്ച് ഫീലിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഈ മൂന്ന് സങ്കേതങ്ങൾ ഒത്തു വന്നാൽ ഒരാളെ നന്മയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാവും അതുകൊണ്ട് ഒരു ഉസ്താദ് കൈപിടിക്കുകയും തോളിൽ തട്ടുകയും ഒരു ദായി കൈപിടിക്കുകയും തോളിൽ തട്ടുകയും കണ്ണിലേക്ക് നോക്കുകയും എന്നിട്ട് ശബ്ദം താഴ്ത്തി ചില സന്ദേശങ്ങൾ പറയുകയും ചെയ്യുക എന്ന് പറയുന്ന മനോഹരമായ ജൈവീയമായ പ്രകൃതിപരമായ ഒരു ദൈവത്തിൻ്റെ സാധ്യതകളെ മനുഷ്യൻ വിസ്മരിക്കുകയും എന്നിട്ട് ഐ മാത്രം ചിന്തിക്കുകയും ഐ ടി മാത്രമാണ് നമ്മുടെ മുന്നിൽ എന്ന് വിചാരപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഏറി വരും അതിനുശേഷം സാലിം വേസി അതേക്കുറിച്ച് കൂടുതൽ ഊന്നി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഒന്നിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രവാചക റസൂലി സല്ലു അലഹി വസ്ലമത്തങ്ങൾ ഒരു ജനതയെ സമീകരിച്ചത് സുഹൃബത്തിലൂടെയാണ് അവിടെ സാഹിബുണ്ടായിരുന്നു മസ്ഹൂബ് ഉണ്ടായിരുന്നു സ്വാഹിബിൻ്റെയും മഹൂബിൻ്റെയും ഇടയിൽ ഹൃദയാവർജകമായ ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിലൂടെയുള്ള ഒരു പാലം പണിതിട്ടാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്ദേശം കൈമാറുകയും ആശങ്കകൾ തീർക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അത്തരത്തിലുള്ള ഒരു വ്യക്തിബന്ധത്തിൻ്റെ ഊഷ്മളത ഐ ടി കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കേരളീയ പരിസരത്ത് നിന്ന് നിൽക്കുമ്പോൾ ഐ ടിയുടെ സാധ്യതകൾ അപ്പുറത്ത് കാണുമ്പോൾ ഇപ്പുറത്ത് ഫിസിക്കലായി വ്യക്തിബന്ധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മനുഷ്യനും മനസ്പരം പരസ്പരം കണ്ടുകൊണ്ടുള്ള ജൈവപ്രകൃതിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രകൃതിപരമായ മനുഷ്യനെ നന്നാക്കൽ പ്രവർത്തനവും സന്ദേശം കൈമാറലും നടക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് രണ്ട് മിനിറ്റ് എൻ്റെ വകയായി ഈ പ്രസീഡിയത്തിന് സംഭാവന നൽകാൻ സാധിച്ചതിൻ്റെ സന്തോഷം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആഹൃദൻ അലഹമുല്ല റബു ആലി അസ്ലാമലൈക്കും വരഹമുല്ലാ വർ